യഹൂദ രാജാവായ യഹോഷഫാത്തിന്റെ പതിനെട്ടാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ഷമരിയയിൽ ഇസ്രയേലിന് രാജാവായി അവൻ പന്ത്രണ്ട് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും തന്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു എന്നാലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുക പിടിച്ചു മോവാബ് രാജാവായ മേശക് അനവധി ആടുണ്ടായിരുന്നു അവൻ ഇസ്രയേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളുടെയും ഒരു ലക്ഷം ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തുവന്നു എന്നാൽ ആഹാബ് മരിച്ചശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രയേലിനെയൊക്കെയും എണ്ണി നോക്കി പിന്നെ അവൻ മോവാവ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോ ഷാഫാത്തിനോട് ചോദിപ്പിച്ചു അതിനവൻ ഞാൻ പോരാ നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന് ഏതോം മരുഭൂമി വഴിയായി തന്നെ എന്നവൻ പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവ് യഹൂദ രാജാവും ഏതോം രാജാവുമായി പുറപ്പെട്ടു അവർ ഏഴു ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി അപ്പോൾ ഇസ്രയേൽ രാജാവ് അയ്യൂ ഈ മൂന്ന് രാജാക്കന്മാരെയും യഹോവ വിളിച്ചുവരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്നു പറഞ്ഞു എന്നാൽ യഹോ നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുവില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകൻ എലീഷ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോ ഷാഫാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോ ഷാഫാത്തും രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു യദീഷ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും തമ്മിൽ എന്ത് നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്നു പറഞ്ഞു അതിന് ഇസ്രായേൽ രാജാവ് അവനോട് അങ്ങനെയല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബിയറുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് എലീശ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോ മുഖം ഞാൻ ആദരിച്ചില്ല ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നു പറഞ്ഞു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ നിങ്ങൾ കാറ്റു കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാഭ്യരയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചുകളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മൂവാബിരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാഭ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി അത് രക്തമാകുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു ആകയാൽ മോവാഭ്യരെ കൊള്ളയ്ക്കു വരുവീൻ എന്നവർ പറഞ്ഞു അവർ ഇസ്രയേൽ പാളയത്തിങ്കിലെത്തിയപ്പോൾ ഇസ്രയേലിൽ എഴുന്നേറ്റ് മോവാബ്യരെ തോൽപ്പിച്ച് ഓടിച്ചു അവർ ദേശത്തിൽ കടന്നുചെന്ന് മോവാബിനെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു പട്ടണങ്ങളെ അവർ ഇടിച്ച് നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരൊറവുകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടച്ചു എന്നാൽ കവിണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചുകളഞ്ഞു മോവാബ് രാജാവ് പടതനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നൂറ് ആയുധപാണികളെ കൂട്ടിക്കൊണ്ട് ചെന്നു എങ്കിലും സാധിച്ചില്ല ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിൻമേൽ ദഹനയാകം കഴിച്ചു അപ്പോൾ ഇസ്രായേലരുടെ മേൽ വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു